വിശ്വസിച്ചവർക്ക് ഉദാഹരണമായി ഫിർ ഔൻറെ ഭാര്യയെ അള്ളാഹുസുബഹാനഹുവ ചായാല ഉദാഹരണമായി അഴിമോൾ അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ സ്വർഗത്തിൽ നിന്റിയടുക്കൽ എനിക്കൊരു വീട് നിർമ്മിച്ചു തരയണമേ ഫിർ നിന്നും അവൻറെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അക്രമികളായ ജനതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ